എല്ലാവർക്കും എൻ്റെ പ്രണ ഏഴാമ അദ്ധ്യായത്തിലെ നാല് ശ്ലോകങ്ങളാണ് അവിടെ ഞാൻ ചർച്ച ചെയ്തത് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇനിയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ ഈശ്വരഭജനത്തെക്കുറിച്ച് നമുക്കുള്ള എല്ലാ സംശയങ്ങളും തീരും ഈശ്വര ഭജനഭജൻ്റെ കാരണത്തിൽ പല ആളുകളും പല ഘട്ടത്തിൽ നിൽക്കുകയാണ് അവരെല്ലാവരെയും ഒഴിവാക്കാറുണ്ട് ഗീതയോ ഭാഗവതമോ ഒന്നും ഉദ്ദേശിക്കുന്നില്ലാറീതും കൂടെ കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശം പക്ഷേ ലക്ഷ്യമ് ലക്ഷ്യം നമുക്ക് നടത്താം എവിടെ നിന്നും ആരംഭിക്കാം യാത്ര ലക്ഷ്യം നിശ്ചയമില്ലെങ്കിൽ എന്താ ചെയ്യുക വെറുതെ നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ തുടങ്ങിയടത്ത് തന്നെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടുകൾ ശ്രീരാമകൃഷ്ണദേവൻ ഒരു കഥ പറയുന്നു ഒരിക്കലും ഒരു ബോട്ട് ഒരു മദ്യപാനി ബോട്ട് ഡ്രൈവറാണ് ഒരു ബോട്ട് കടവിൽ കൊണ്ടുവന്ന് ഒരു കുച്ചിയിൽ ബോട്ടിനെ കെട്ടിയിട്ടു പോയി മദ്യപിച്ചിട്ട് വന്ന് ബോട്ടിൽ കയറി തുഴയാനാരംഭിച്ചു ഈ കുറ്റിയുടെ ചുറ്റുപാടുമാണ് തുഴഞ്ഞു പോകുന്നു രാത്രിയാണ് അതിവേഗം അങ്ങ് തൊഴഞ്ഞു പോകുന്നു എന്നാണ് അയാളുടെ വിചാരം കുച്ചിക്ക് ചുറ്റും അങ്ങനെ തുഴയുകയാണ് നേരം വെളുത്തപ്പോഴോ എവിടെ നിൽക്കുന്നു കെട്ടിയിട്ടിടത്ത് തന്നെ നിൽക്കുന്നു ഈ സ്ഥിതി ഈശ്വര ഭജനത്തിൽ വേണമോ വേണ്ടതോ എന്നാണ് പല ഘട്ടത്തിൽ നിന്നേ തുടങ്ങാൻ പറ്റും അല്ലാതെ എല്ലാവർക്കും ഇപ്പോൾ ഒറ്റയടിക്ക് ബ്രഹ്മനിഷ്ഠ പൂർണ്ണ സത്യാനുഭവം ഒന്നും സാധിച്ചെന്നുവരില്ല പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കി കൂടെ യാത്ര തിരിക്കുന്നയാൾ അമേരിക്കയിൽ നിന്ന് യാത്ര ധരിക്കുന്നയാൾ തിരുവനന്തപുരത്ത് ഇന്നിടത്താണ് വീട് എന്നറിഞ്ഞിട്ട് യാത്ര ധരിച്ചാൽ വീട്ടിലെത്താം അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങി നടക്കാം ഇന്നീ നിശ്ചയമില്ലാത്തത് കൊണ്ട് ഈശ്വര ഭജനത്തിൻ്റെ കാര്യത്തിലും ചുറ്റിക്കറങ്ങി നടക്കണം ഇവിടെ എത്തണം എന്നൊരു മിക്കവാറും ആണ് എന്നാൽ കൃഷ്ണനാകട്ടെ ആവർത്തിച്ചാവർത്തിച്ച് ലക്ഷ്യം ഓർമ്മിപ്പിക്കുന്നു ഇന്നിപ്പോൾ നമ്മളീ നാല് പദ്യമെടുക്കാൻ ഭാവിക്കുന്നു ഈ ലക്ഷ്യമാണ് ഈ നാല് പദ്യത്തിൽ മൂന്ന് പദ്യത്തിലും ലക്ഷ്യം വ്യക്തമായി പ്രസ്താവിക്കുന്നു നാല് തരക്കാർ എന്നെ ഭജിക്കുന്നു അതാണ് പതിനാറാം ശ്ലോകം ചതുർവിധ ഭജൻ തേ മാം ജനാസുഹൃതി നോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥി ജ്ഞാനീജരഷഭ ചതുർവിധ ഭജന്തേ മാം ജനാസുഹൃത്തിനോ ഒരൊക്കെ സുഹൃതികളാണ് എന്താ കാര്യം ഭഗവാൻകലേക്ക് തിരിഞ്ഞല്ലോ ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞ് നടക്കുന്നല്ലോ നടക്കാൻ തുടങ്ങിയല്ലോ അതുകൊണ്ട് സുഹൃതികളാണ് ജനാസുഹൃതി നോർത്തിന് ആരൊക്കെയാണ് ആർത്തോ ആർത്തന്മാർ ഏതെങ്കിലും ഒരു കഠിനമായ ദുഃഖത്തിൽ പെട്ടിരിക്കുന്നവർ ഒന്നുകിൽ അല്ലെങ്കിൽ വേറെ പല ദുഃഖങ്ങൾ മാനസിക ദുഃഖങ്ങൾ കുടുംബ ദുഃഖങ്ങൾ പലതരം ആ ദുഃഖം മാറിക്കിട്ടണം അതിനായി ഭഗവത് ഭജനം പക്ഷെ ലക്ഷ്യമറിയാത്തത് കൊണ്ട് ഭജനമൊക്കെ പലപ്പോഴും ഭഗവാൻ പതിനാറാം അധ്യായത്തിൽ പറയുമ്പോൾ പോലെ വേണ്ടാത്ത തരത്തിലാണ് മുമ്പോട്ട് പോവുക ആർത്ഥവും ജിജ്ഞാസും ചിലർ സത്യമറിഞ്ഞാൽ കൊള്ളാം എന്ന് സത്യമറിയാനുള്ള ആഗ്രഹം ഉള്ള ആളുകൾ അർത്ഥാർത്ഥി സമ്പത്ത് വേണം അതാണ് ഭഗവാൻ അർച്ചന അല്ലെങ്കിൽ അവിടെ നേർച്ച ഇവിടെ നേർച്ച എന്തിനാന്ന് വെച്ചാൽ സമ്പത്ത് പലതരത്തിലും ഒന്ന് ഈ ഭാഗ്യക്കുറി കിട്ടണം അല്ലെങ്കിൽ പ്രമോഷൻ കിട്ടണം അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതൊന്നും വേണ്ട എന്നല്ല ഒക്കെ വേണ്ടതാണ് അർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീജര ഋഷഭ ഞാനി ജ്ഞാനീകൾ രണ്ട് തിരക്കാരാണ് ഒന്ന് സിദ്ധാന്തപരമായി ജ്ഞാനം ഉറപ്പുവന്നത് അതായത് ഈ അദ്ധ്യായത്തിൽ തന്നെ സിദ്ധാന്തകരമായ ഉറപ്പ് അനുഭവകരമായ ഉറപ്പ് അതാണ് ജ്ഞാനം വിജ്ഞാനം ജ്ഞാനം സിദ്ധാന്തകരമായ ഉറപ്പ് വിജ്ഞാനം അനുഭവകരമായ ഉറപ്പ് അർജുന ഇത് രണ്ടും ഞാൻ നിനക്ക് ഭംഗിയായിട്ട് ഈ അദ്ധ്യായത്തിൽ വിവരിച്ചു തരാം ആദ്യം ഭഗവാൻ പ്രതിജ്ഞ ചെയ്തത് അപ്പോൾ രണ്ടുതരം ജ്ഞാനികൾ സിദ്ധാന്തകരുമായി ഉറപ്പിനെ അതനുഭവിക്കണം മറ്റേ ജിജ്ഞാസുവിന് സിദ്ധാന്തപരമായ ഉറപ്പ് പോലുമില്ല അന്വേഷിക്കുകയാണ് എന്താ സത്യം അപ്പോൾ ജ്ഞാനീജലർശപ്പ ചതുർവിധ ഭഗന്ദേ മാം ജനാസുഹൃത്തിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥി ജ്ഞാനീജലദർഷപ്പ അടുത്ത ശ്ലോകം നോക്കുമ്പം തേഷാം ജ്ഞാനീ നിത്യുക്ത വിശിഷ്യത്തെ പ്രിയോഹി ജ്ഞാനി നോത്യർത്ഥമാഹം സ ച മമ പ്രിയ ലക്ഷ്യമറപ്പിക്കുക അതായത് സമഗ്രമായി ഭഗവാനെ അറിയുക എങ്ങനെയാണ് എന്ന് പറഞ്ഞു എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പ്രസ്താവിച്ചത് ഈ നാലുകൂട്ടരിലും അർജുന ഭഗവാൻ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയല്ലേ തേഷാം ജ്ഞാനീ നിത്യയുക്തം ഈ നാല് കൂട്ടുകളിലും ജ്ഞാനേ എന്താ ജ്ഞാനം ജ്ഞാനമെന്നു വെച്ചാൽ വേദാന്തത്തിലെ ജ്ഞാനം വ്യക്തമായി ധരിച്ചോളുക ഇവിടെ ഒരുശ്വരതത്വം മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചമൊന്നുമില്ല ഇതാണല്ലോ ഇപ്പോൾ ഈ ബാമ്പ കുട്ടിക്കൽ എന്നൊക്കെ ഇത് പണ്ട് പറഞ്ഞു വരുന്നതാണ് കൃഷ്ണനിത ഇവിടെ മൂന്ന് ശ്ലോകത്തിൽ പോലെ പറയുന്നു അപ്പോൾ ഈ ബാങ്കു കുട്ടിക്കലുണ്ടെങ്കിൽ അതൊക്കെ ഈ കൃഷ്ണൻ തന്നെ ആവർത്തിക്കുകയാണ് ഇവിടെ എന്താ വല്ല സംശയമുണ്ടോ ഞാനീന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നേ ഉള്ളൂ ഒരു ഈശ്വരൻ തുണി വിടുള്ളൂ അത് സിദ്ധാന്തകരമായി പിടിയിട്ടി ബോധം ബ്രഹ്മം അതില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല ചിലർക്ക് സിദ്ധാന്തം മനസ്സിലായി ഇനി അത് അനുഭവിക്കണം ചിലരനുഭവിച്ചു അനുഭവിക്കുന്ന ജ്ഞാനികളും പൂർണമായും ജീവൻ മുക്തരാകുന്നതുവരെ ഭഗവാനെ ഭജിക്കുന്നവർ തന്നെയാണ് അവരും ജ്ഞാനികളും തേഷാം ജ്ഞാനീ നിത്യയുക്ത ജ്ഞാനീ നിത്യയുക്തനാണ് ഈ ആർത്തന്മാരും ആർത്ഥാർത്ഥികളും ഒക്കെ ചിലപ്പോൾ ദുഃഖം തീർന്നാൽ കുറേ നേരത്തേക്ക് ഭഗവാനെ മറക്കും പിന്നെയും ദുഃഖം വരുമ്പോൾ വീണ്ടും വഴിപാടും ഒക്കെയായിട്ട് പോയിരുന്നു വരും ഇവിടെ അങ്ങനെ അല്ല നിത്യയുക്ത ഒരു നിമിഷം പോലും വിടാതെ ഭഗവാനുമായി ചേർന്നിരിക്കുന്നു തേഷാം ഞാനീ നിത്യെന്തുണ്ട് അവർ പഠിച്ചിരിക്കുന്നത് അതായി കാണുന്നതൊക്കെ ഭഗവാൻ ചിലപ്പോൾ പൂർണ്ണമായി അനുഭവിക്കാത്തവർ ഇടക്കിടയ്ക്ക് മറന്നു എന്നുവരും അവർ വീണ്ടും ഓർമ്മിക്കും ഇടക്കിടയ്ക്ക് മറന്നാലും സ്വൽപ്പം കഴിഞ്ഞ് വീണ്ടും ഓർമ്മിക്കും ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ തേഷാം ഞാനീ നിത്യയുക്ത ഏകഭക്തി ഇതൊക്കെ ജ്ഞാനിയുടെ കൃഷ്ണൻ ഇതൊക്കെ പറയുമ്പോൾ ഇത് ഇതൊന്നും നമുക്ക് വേണ്ട നമുക്ക് ജ്ഞാനമൊന്നും അത്ര പിടിക്കില്ല നമുക്ക് ഭക്തി മതി എന്ത് ഭക്തിയാണ് തേഷാം ഞാനീ നിത്യയുക്ത ഏകഭക്തി ശരി ഒന്ന് ഒന്നേ ഉള്ളൂ അതിൽ മാത്രമേ തനിക്ക് ആഗ്രഹമുള്ളൂ സ്നേഹമുള്ളൂ ഭക്തി തേഷാം ഞാനീ നിത്യയുക്ത ഏകഭക്തർ വിശിഷ്യത്തെ ഈ നാല് കൂട്ടരിലും ആ ജ്ഞാനി അർജുന എന്തായാലും മറ്റുള്ളവരിൽ നിന്നും ഭിന്നനാണ് എന്താ കാര്യം പ്രയോഹിജ്ഞാനിന് അത്യർത്ഥമാഹം ജ്ഞാനിക്കെന്നെ അങ്ങേയറ്റം പ്രിയമാണ് എന്ന് പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും പ്രിയം ഭക്തി എന്ന് പറയുന്നതും അതാണ് നാരതം പറയുന്നത് എന്താ സാത്വസ്മൻ പരമപ്രേമരൂപ ഈ ലോകത്ത് ശരിയായ ഭക്തി എന്ന് പറയുന്നത് എന്താ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ഈശ്വരനെ സത്വസ്മിൻ പരമപ്രേമരൂപ ഇതാണ് ഭക്തി എന്ന് നാരദൻ നിർവചിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ജ്ഞാനിയും ഭക്തിയും ഭക്തനും ശരിക്കുള്ള ഭക്തനും ഏറെക്കുറെ ഒന്ന് തന്നെയാണ് തീം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർവിശിഷ്യത്തെ പ്രിയോഹിജ്ഞാനിനോത്യർത്ഥം അഹംസ ച ിയ എനിക്കേറ്റവും പ്രിയപ്പെട്ടവനാണ് ജ്ഞാനി ജ്ഞാനിക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ എനിക്കേറ്റവും പ്രിയപ്പെട്ടവൻ ജ്ഞാനി തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏകഭക്തർ വിശിഷ്യത്തെ പ്രിയോഹിജ്ഞാനിനോത്യർത്ഥം അഹം സ ച മമ പ്രിയ അപ്പോൾ ഈ ശ്ലോകത്തിലെന്ത് ഞാനേ ഞാനേ േമൻ എന്നാൽ പിന്നെന്താ നമുക്ക് ജ്ഞാനി ആയിക്കൂടെ അടുത്ത ശ്ലോകം അതിൻ്റെ അടുത്ത ശ്ലോകത്തിൽ ഈ ജ്ഞാനം എന്താണെന്ന് തന്നെ ഭഗവാൻ പറയുന്നു അനേകജന്മ ജ്ഞാനവാൻ മാം പ്രപദ്ധ്യത്തെ വാസുദേവസർവമിത്തി സമഹാത്മാ സുദുർലഭൂനാം ജന്മനാമന്ത് അത് പത്തൊൻപതാമത്തെ ശ്ലോകം അതിനിടയ്ക്കുള്ള ശ്ലോകത്തിലും ഞാനീ പുകത്തുന്നു ബഹുനാം ജന്മനാതേ കുറച്ച് ജന്മങ്ങൾ കഴിയുമ്പോൾ ജ്ഞാനവാൻ മാം പ്രപഞ്ചത്തെ ജ്ഞാനമുള്ളയാൾ എന്നെ ശരണം പ്രാപിക്കുന്നു ഈ ജ്ഞാനം എന്താണ് എന്നുകൂടി പത്തൊൻപതാം ശ്ലോകത്തിൽ വളരെ വ്യക്തമായി ഭഗവാൻ നിർവചിക്കുന്നു എന്താണ് ഈ ജ്ഞാനം കുറച്ച് ജന്മം കഴിയുമ്പോൾ ജ്ഞാനവാൻ എന്നെ പ്രാപിക്കുന്നു ഭഗവാൻ പറഞ്ഞിരിക്കുകയല്ലേ കുറച്ച് ജന്മം കഴിയുമ്പോഴെന്ന് അപ്പം നമുക്ക് ഇപ്പം പ്രാപിക്കാനൊക്കുമോ അല്ല കുറഞ്ഞ ജന്മം നമുക്കൊന്നും കഴിഞ്ഞില്ലെന്നാണോ എത്രയോ ജന്മമൊക്കെ നമുക്ക് കഴിഞ്ഞില്ലേ അങ്ങനെ ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത് പറ്റുമെങ്കിൽ കൃഷ്ണൻ പറയുന്ന ഈ ജ്ഞാനം ഇപ്പം തന്നെ നേടുക അല്ലെങ്കിൽ ശ്രമമെങ്കിലും ആരംഭിക്കുക എന്താ ജ്ഞാനം വാസുദേവ സർവമിത്തി ഇത്രയേ ഉള്ളൂ ജ്ഞാനം ഈ കാണുന്നതൊക്കെ വാസുദേവൻ പുല്ലും മുഴുവും മേശയും കസേരയും സൂര്യനും ചന്ദ്രനും ജ്ഞാനീയും ഒക്കെ വാസുദേവൻ വാസുദേവൻ എന്നു വെച്ചാൽ വസുദേവ പുത്രണമെന്നല്ല ബ്രഹ്മം വാസുദേവ സർവമിത്തി സ മഹാത്മാ സുദുർലഭ കൃഷ്ണൻ നമ്മയൊക്കെ സംശയിപ്പിക്കത്തക്ക വരണം അങ്ങനെ പറയുന്നോ അങ്ങനെയുള്ള മഹാത്മാവ് സുദുർലഭനാണ് ആ കണ്ഠസാർ പറഞ്ഞിരിക്കുന്നുണ്ടോ അങ്ങനെയുള്ള മഹാത്മാവ് സുദുർലഭനാണ് സുദുർലഭനാണ് അപ്പം നമുക്ക് പറ്റുമോ എന്താ നമ്മളിൽ നമ്മളും ആ സുദുർലഭന്മാർ അല്ല എന്നുള്ളതിനെന്താ തെളിവ് സുദുർലഭനാവുക നമ്മളും സുദുർലഭനാവുക അങ്ങനെ ഈ നാല് കൂട്ടർ ഈ നാല് കൂട്ടറിൽ നാല് പദ്യത്തിൻ്റെയും അർത്ഥം ഇത് തന്നെയാണ് പതിനെട്ടാം പദ്യത്തിൻ്റെയും താല്പര്യം ജ്ഞാനി എന്തായാലും മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ് ഇതെല്ലാം കൂടിക്കൊഴഞ്ഞു വരാം ആർത്തിയും ജ്ഞാനവും പുരാണങ്ങളിലും നമുക്ക് പരിചയമുള്ള സത്യദർശികളിലും ഒക്കെ ഇത് കാണാമേ ആർത്തോജ്ഞാസുരർത്ഥാർത്ഥി ആർത്തൻ ആർത്തനായിട്ട് ഭഗവാനെ ഫലിക്കാൻ തുടങ്ങുക ആർത്തനായി ഫലിക്കവേ തന്നെ സിദ്ധാന്തപരമായ ജ്ഞാനം കൊണ്ടുതാനും അനുഭവിച്ചുറപ്പിച്ചില്ലാത്രേ ഉള്ളൂ പട്ടതില് നാരായണീയ കർത്താവായ ഭട്ടതിര് കൃഷ്ണഭജനത്തിന് ഒരുമ്പൊട്ടു ആർത്തനായിട്ടാണ് വാദരോഗം മാറിക്കിട്ടണം കഠിനമായ വാദരോഗം മിക്കവാറും ബന്ധ്യങ്ങളുടെ അവസാനം ഭഗവാനെൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന പ്രാർത്ഥനയിലാണ് അവസാനിക്കുന്നത് ഒരു തികഞ്ഞ ഞാനി ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കില്ല പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഞാനില്ല ജഡശരീരം ഇല്ല എന്ത് വന്നാലും ഈ സോക്കേട് മാറ്റിത്തരണേ എന്തൊരിക്കലും അനുഭവവേദിയായ ഒരു ജ്ഞാനി പ്രാർത്ഥിക്കില്ല ജടമില്ല എന്നുറപ്പിച്ച ജ്ഞാനി ജഗത്തില്ല നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞില്ലേ ബാമ്പാണെന്നൊന്നും കരുതരുത് ഇതിൽ കവിഞ്ഞ ഒരു സത്യമില്ല ഈ ജഗത്തില്ല ഇല്ലാത്ത ജഗത്തിൽപ്പെട്ടതാണ് ഈ ജഡശരീരത്തിൻ്റെ ഉറപ്പുവന്നും ഞാനിപ്പോ സ്ഥിതി ഇല്ല ഭട്ടതിരിക്കാതെ ഉറപ്പില്ല പക്ഷെ ഭട്ടതിരിക്ക് സിദ്ധാന്തപരമായും ഞാനും അറിയാം ഭഗവാനേ ഉള്ളൂ പിന്നെ എന്തിനാ വിഭവം രോഗം രോഗം മാറിയാൽ അത് കുറേ അനുഭവിക്കാൻ ഉറപ്പിക്കാനല്ലോ അതുകൊണ്ട് ഉറപ്പിക്കാം ഭട്ടതിരി ജ്ഞാനിയാണ് ഭട്ടതിരി ആർത്തനാണ് ആർത്തി രോഗം അതിൽപ്പെടും ചിലര് ഈ രോഗം മുതലായ ആർത്തി മാത്രം മാറിക്കിട്ടണം എന്ന് പറഞ്ഞായിരിക്കും പ്രാർത്ഥിക്കുക ഈ ജ്ഞാനമൊന്നുമില്ല മിക്കവാറും ആർത്തന്മാരെ നമ്മൾ കാണുന്നത് എനിക്ക് സുക്കേട് മാറിക്കിട്ടണം അതായത് സൂക്കേട് മാറിക്കിട്ടുന്നതോടുകൂടി വാസുദേവ സർവേ എന്ന ജ്ഞാനവും കൂടെ കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ വളരെ ചുരുക്കമാണ് സാരമില്ല സാരമില്ല അത്രയെങ്കിലും ഭഗവാനു വിചാരിച്ച് രോഗം മാറ്റുന്ന കാര്യത്തിലെങ്കിലും ഭഗവാനെ കൊടുക്കുകയെ അത് ഭഗവാനേ ആ പരമാത്മാവായിട്ടല്ലല്ലോ സാർ കൂട്ടിച്ചേർക്കുന്നത് സാരമില്ല അതും സാരമില്ല കാരണം എന്തെന്നോ ഭഗവാൻ സർവത്ര നിറഞ്ഞു നിൽക്കുകയാണ് നിങ്ങളേത് രൂപത്തിൽ എത്ര ചെറിയ രൂപത്തിൽ ഭജിച്ചാലും ഭഗവാൻ അറിയും സംശയമൊന്നുമില്ല ഒരു വ്യത്യാസമേ ഉള്ളൂ നിങ്ങൾ ചോദിക്കുന്നതേ തരു നിങ്ങൾ സങ്കല്പിക്കുന്ന രൂപത്തിലെ കാണാൻ പറ്റുമോ ഒക്കെ ഈ ഭഗവാനാണ് അതിൻ്റെ ഈ ഗീത അടുത്ത ഇരുപത് എഴുപത്തൊന്ന് പദ്യങ്ങളിലൊക്കെ വ്യക്തമാകുന്നുണ്ട് ആരേത് രൂപത്തിൽ ഭജിച്ചാലും അർജുന ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതും ഞാൻ തന്നെയാണ് ഞാനല്ലാതെ ഇവിടെ ഗണപതി ആയിട്ടോ ദേവിയായിട്ടോ ശിവനായിട്ടോ ഒന്നും പ്രത്യക്ഷപ്പെടാൻ ആരുമില്ല പിന്നെ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ രഹസ്യമോ നിങ്ങൾ ആ രൂപത്തിൽ ധ്യാനിക്കുന്നു ഏത് സങ്കല്പത്തിൽ ഭഗവാൻ അധ്യാനിക്കുന്നുവോ ആ സങ്കല്പത്തിൽ ഈ ബോധരൂപമായ ബ്രഹ്മം പ്രത്യക്ഷപ്പെടും സംസാരിക്കും അനുഗ്രഹിക്കും തപസീത അമലും വസുദേവനും അവരുടെ മുൻ ജന്മങ്ങളിൽ വിഷ്ണുരൂപത്തിൽ ഭജിച്ച് പ്രത്യക്ഷപ്പെടുത്തി വിഷ്ണുവിനൊരു പ്രത്യേക ദൈവം അവിടെ നിന്നും പക്ഷേ എല്ലാ ദൈവങ്ങളും ഈ അഖണ്ഡ ബോധത്തിലുണ്ട് ഏതുപോലെ ഒരു സ്വർണക്കട്ടയിൽ സകല ആഭരണങ്ങളുമുണ്ട് ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതും ഇനിമേലുണ്ടാവാൻ പോകുന്നതുമായ ആഭരണങ്ങളെല്ലാം ഉണ്ട് ഒരു സ്വർണ്ണക്കട്ടയിൽ നിങ്ങൾക്കേത് ആഭരണ വേണ്ടത് പറയുമോ അത് അതിൽ നിന്ന് വാർത്തെടുക്കാം അതുപോലെയാണ് ഈ ഭജനം ഏത് രൂപത്തിൽ നിങ്ങൾ ഭജിക്കുന്നു ആ രൂപത്തിൽ ഭഗവാൻ വരും ആർത്തി മാറിക്കിട്ടണം എന്നാണ് ചോദിക്കുന്നു അതിനർച്ചന നടത്തുന്നു ഭഗവാനോട് കോവിലൊക്കെ പോയി അങ്ങനുള്ള കണ്ണുനീർ വളർത്ത് ഭജനത്തിന് ഗാഠത വേണമോ അതാണ് അപ്പോൾ നല്ല ഏകാഗ്രത വരും കുറച്ച് കണ്ണുനീർ വളർത്തു ഭഗവാന്റെ മുമ്പിൽ കരഞ്ഞു ഇതൊക്കെ ഭഗവാനെ പ്രീതിപ്പെടുത്താമൊന്നുമല്ല ഏകാഗ്രത വരെ അവരാനാണ് ഈ കോവിലൊക്കെ പോയി ഈ വരെ അതിനെയൊക്കെ തൊഴിലുന്നതും ഒക്കെ ഏകാഗ്രത കിട്ടാനാണ് ഏകാഗ്രത കിട്ടിയാൽ ആഗ്രഹം നടക്കും ഇതാണ് നിയമം ഇതൊക്കെ നാളെയും മറ്റും എടുക്കുന്ന ശ്ലോകങ്ങളിൽ ഭഗവാൻ തന്നെ നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്നു ഏതായാലും ഭട്ടജരി സിദ്ധാന്തപരമായി ജ്ഞാനം ലഭിച്ച ആളാണ് എന്നാൽ ആർത്തനായിട്ടാണ് ഭഗവാനെ സമീപിച്ചത് സിദ്ധാന്തപരമായി ജ്ഞാനം ലഭിച്ചു ാരായണത്തിലെ ഒന്നാം ഒന്നാം പദ്യം തന്നെ ആരാ കൃഷ്ണൻ രണ്ടോ ഭട്ടതിരിയൊക്കെ നല്ല വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് സാന്ദ്രാനന്ദബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യം സാന്ദ്രാനന്ദവോധമാണ് കൃഷ്ണൻ എടതിന്നിയ ശുദ്ധബോധം ഇതാണ് കൃഷ്ണൻ അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാസ്പദം ബ്രഹ്മതത്വം ്രഹ്മതത്വമാണ് കൃഷ്ണൻ അപ്പോൾ സിദ്ധാന്തപരമായി അദ്ദേഹം നല്ലവണ്ണം ഗ്രഹിച്ചിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് പൂർണ്ണ അനുഭവം വന്നില്ല എന്നുള്ളതിനെ തെളിവെന്ത മിക്കവാറും പദ്യങ്ങളുടെ ഒടുവിൽ എൻ്റെ സോക്കേട് മാറ്റിത്തരണം സുക്കേട് മാറ്റിത്തരണം എന്നാണ് പ്രാർത്ഥിക്കുന്നതിനൊന്നും ദോഷമില്ല അദ്ദേഹത്തിൻ്റെ സുക്കേട് മാറി അത്ര ഗാഠമായി നാരായണീയത്തിൽ കൂടി അദ്ദേഹം പ്രാർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ സുക്കേട് മാറി നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് ആർത്തൻ സിദ്ധാന്തപരമായ ജ്ഞാനി ആയിരുന്നോണ്ട് തന്നെ പ്രാർത്ഥിക്കാം അപ്പോൾ ആർത്തനും ജ്ഞാനിയും ആയി സിദ്ധാന്തപരമായ ജ്ഞാനി ജ്ഞാനിയും ഭട്ടഗിരിയിൽ ഒരുമിക്കുന്നു ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജിജ്ഞാസു എനിക്ക് അറിയണം ഇപ്പോൾ വിവേകാനന്ദ സ്വാമി ജിജ്ഞാസുവായിട്ടാണ് ഈശ്വരഭജനം ആരംഭിച്ചത് എനിക്ക് എനിക്കറിയണം ഭഗവാനെ അറിയണം കാണുന്നവരോടൊക്കെ ആ ഭഗവാനെ കണ്ടിട്ടുണ്ടോ അതെനിക്ക് കാണിച്ചു തരാമോ ഈ ചോദ്യമാണ് എത്ര പേരിടവുണ്ടായി ഈ ചോദ്യമാണ് ഇതാണ് ജിജ്ഞാസ ഭഗവാനെ പിടികിട്ടിട്ടില്ല പക്ഷെ ഭഗവാനെ അറിയണം ഉണ്ടെങ്കിൽ വ്യക്തമായി എനിക്ക് ഭഗവത് സ്വരൂപം ഗ്രഹിക്കണം ഇതായിരുന്നു വിവേകാനന്ദ സ്വാമിയുടെ ദൃശ്യനിശ്ചയം അങ്ങനെ ഇരിക്കയാണ് കോളേജിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറുടെ വാക്ക് കേട്ടിട്ട് ദക്ഷിണേശ്വരത്ത് പോയതും ശ്രീരാമകൃഷ്ണദേവനെ കണ്ട് ചോദിച്ചതും അങ്ങ് ഭഗവാനെ കണ്ടിട്ടുണ്ടോ ഉണ്ട് നിന്നേക്കാൾ നിന്നെ കാണുന്നതിനേക്കാൾ വ്യക്തമായി കണ്ടിട്ടുണ്ട് നിനക്ക് കാണിച്ചു ചെയ്യാം ഇങ്ങനെയൊരു ഉത്തരം ഇതിനു മുൻപ് കിട്ടിയിട്ടില്ല ശ്രീരാമകൃഷ്ണദേവൻ തോത്താവിനിയുടെ കീഴിൽ നിർവികൽപ്പ സമാധിയും കഴിഞ്ഞ് സർവത്ര സമദർശനം അയ വാസുദേവ സർവം എന്ന ആ ജ്ഞാനം വ്യവഹാരദശയിൽ ഉറപ്പാക്കിക്കഴിഞ്ഞ ശേഷമാണ് നരേന്ദ്രനെയും മറ്റും കാണുന്നത് വിവേകാനന്ദ സ്വാമിയെയും മറ്റും കാണുന്നത് ശ്രീരാമകൃഷ്ണദേവനും അത് ഉറപ്പാക്കിക്കഴിഞ്ഞപ്പോൾ ഗുരുവിനെപ്പോലും ഒരിക്കൽ അല്പത്തിരുത്തി എന്നാണ് എന്നാൽ തോത്താപുരിയാണ് അദ്വൈതം അദ്ദേഹത്തെ പഠിപ്പിച്ചത് ആ കഥയുണ്ടായിരുന്നു രണ്ടുപേരും തീ കാഞ്ഞുകൊണ്ടിരുന്നു അദ്വൈതം അങ്ങനെ തോത്താവിടി അദ്വൈതം ഇവിടെ ഒന്നേ ഉള്ളൂ സർവം ബ്രഹ്മമയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ആ തോട്ടത്തിലെ ഒരു ജോലിക്കാരൻ അതിൽ പോയി അയാൾ വേഗം വന്നീ തീയിൽ നിന്നും ഒരു പീഡിയെത്തിച്ചു തോത്താവിനിക്ക് പെട്ടെന്ന് ദേഷ്യമോ വല്ലാത്ത ദേഷ്യം ആരണം എന്നോട് ആര് പറഞ്ഞ ഡി അപ്പം ശ്രീരാമകൃഷ്ണദേവൻ കൈലൊട്ടി ചിരിച്ച് അയ്യോ ഗുരുവോ ഗുരുവാണ് ഗുരു അങ്ങയുടെ അദ്വൈതത്തിൻ്റെ ഉറപ്പ് ഇത്രയുള്ളൂ എന്താ ആ തോട്ടക്കാരനെ ബ്രഹ്മമല്ലേ ബി ഡി എം ബംബ്രഹ്മോ എന്നല്ലേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നത് അവ തോത്താവർ ആ ശരിയാണ് കുഞ്ഞെ നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞു പെരിഞ്ഞു പോയി എന്നാണ് എന്തായാലും ഞാനീ വാസുദേവ സർവം എന്ന ജ്ഞാനം ഏത് രീതിയിലുള്ളതാണ് എന്ന് കാണിക്കാൻ ഈ കഥ പറഞ്ഞു തന്നെ ഉള്ളു എന്തായാലും വിവേകാനന്ദ സ്വാമി ജിജ്ഞാസുവായിട്ട് തുടങ്ങി പൂർണ്ണജ്ഞാനിയായി അനുഭവജ്ഞാനിയായി ജീവിതം അവസാനിപ്പിച്ചു എന്നുവെച്ചാൽ അദ്ദേഹത്തിന് നല്ല ലക്ഷ്യബോധം കുറച്ച് കാലം കൊണ്ട് വെറും മുപ്പത്തെട്ട് വയസ്സ് മുപ്പത്തെട്ട് വയസ്സുകൊണ്ട് ജിജ്ഞാസുവായി തുടങ്ങി പൂർണ്ണ ബ്രഹ്മജ്ഞാനിയായി ജീവിതം അവസാനിപ്പിച്ചു എന്താ പൂർണ്ണ ബ്രഹ്മജ്ഞാനി ഞാൻ പറഞ്ഞില്ലേ ആ ആറാം വള്ളിത്തിൽ മുപ്പത്തിരണ്ടാം സംഭാഷണം വായിച്ചു നോക്കുക ശിഷ്യനുമായിട്ട് ശിഷ്യനെ വിളിച്ച് പറയുന്നു ഇടത് ഇവിടെ ധർമ്മമില്ല അധർമ്മമില്ല വെച്ചപ്പോൾ ഒരു ഉള്ളൂ അപ്പോൾ പിന്നെ ധർമ്മധർമ്മമൊക്കെ ഉണ്ടെന്ന് പറയുന്നതോ ഈ വസ്തു പിടികിട്ടാത്രത്തോളം അങ്ങനെയൊക്കെ പറയും അത്രയേ ഉള്ളൂ ആരോ ചോദിച്ചു എന്തെങ്കിലും ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നു പിന്നെ കൃഷ്ണൻ ഗീത ഉപദേശിച്ചതോ സാർ അതെ കൃഷ്ണൻ ഗീത ഉപദേശിച്ചു അതിനെന്താ ഗീതോപദേശവും ഒക്കെ ഭ്രമമണ്ഡലത്തിൽ സകല ഉപദേശങ്ങളും സാധനകളും ഭ്രമതലത്തിൽ പലതുണ്ടെന്ന് തോന്നുമ്പോഴാണ് പൂർണമായ സത്യം സാക്ഷാത്കരിച്ച് കൃഷ്ണന് ഗീത ആവശ്യമില്ല ഇത് കേട്ടതൊന്നും ഇതൊക്കെ ഉപദേശിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കൃഷ്ണൻ കാലത്ത് എഴുച്ച് ഗീത വായിക്കാനൊക്കെയാണ് വായിക്കുന്നത് കൃഷ്ണനും ദൈനി ഗീതയുടെ ആവശ്യമുണ്ടോ അർജുനന് ഭ്രമത്തിൽ നിൽക്കുന്ന ആളിനെ കാരുണ്യം കൊണ്ട് പറഞ്ഞ് കരകയറ്റാൻ ഇത് പറഞ്ഞു എന്നല്ലാതെ കൃഷ്ണന് ഗീതയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ സകല സാധനങ്ങളും ഭ്രമതലത്തിലാണ് അത് മനസ്സിലാക്കിയാൽ ശ്രീശങ്കരഭവത്പാദർക്ക് സൗന്ദര്യ ലഹരി ആവശ്യമില്ല ഏകശ്ലോകി ആവശ്യമില്ല പിന്നെ ആർക്ക അവരെ നാനാത്വത്തിൽ പെട്ടുഴലുന്ന ജനങ്ങളെ അവിടെ ഇന്ന് ചെന്ന് ചോദിക്കാറുണ്ട് ഏ ജഗത്തില്ലല്ലോ പിന്നെ ഈ നാനാത്വത്തിൽ പെട്ടുഴലുന്ന ആളുകളുണ്ടോ ആരോ ചോദിച്ചു അപ്പോൾ ല്ല അതുകൊണ്ട് നമുക്കില്ല അവർക്കുണ്ടല്ലോ അതുകൊണ്ട് നമുക്കിതൊക്കെ ഒന്നും ഉപദേശിക്കാം ഇതാണ് വസ്തുത എന്തായാലും വിവേകാനന്ദ സ്വാമി ജിജ്ഞാസുമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഓരോന്നിനും ഉദാഹരണം കാണിക്കുന്നേ ഉള്ളൂ ഈശ്വര ഭജനം അപ്പോൾ നോക്കണേ ഇതിനൊക്കെ എന്ത് ഔചിത്യം എവിടെ നിന്നും തുടങ്ങാം എവിടെ നിന്നും എനിക്ക് ഡോക്ടറേറ്റ് എടുക്കണം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് മണലിൽ ഹരിശ്രീ എഴുതി പഠിക്കുന്നത് മുതൽ തുടങ്ങണം അല്ലാതെ ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റുമോ പക്ഷെ ഡോക്ടറേറ്റ് വേണം ആ ലക്ഷ്യത്തിലെത്തണം എന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ ഹരിശ്രീ എഴുതി പിന്നെ പഠിച്ചു ഓരോ പരീക്ഷകൾ പാസ്സായി ആ ലക്ഷ്യത്തെ മുൻനിർത്തി മുന്നോട്ട് നീങ്ങണം അല്ലാതെ ഹരിശ്രീ മതി അവിടെ നിൽക്കാനേ പറ്റും അതാണ് ഈ ശ്രദ്ധയില്ല ആയ്മകൊണ്ട് ക്ഷേത്ര ദർശനം നിശ്ചയമായിട്ടും ഒരു ഈശ്വര ഭജന ഘട്ടമാണ് പക്ഷെ അവിടെ അവസാനം വരെ അവിടെ നിൽക്കൂ ഒടുവിൽ കിടപ്പിലായി എന്തിനു നമ്മുടെ ഈശ്വരദർശനം പോകുന്നത് ആരോ പറഞ്ഞതുപോലെ കൃഷ്ണൻ കൃഷ്ണഭജനം എനിക്ക് ബ്രഹ്മമായിട്ടൊന്നും കൃഷ്ണനെ ഭജിക്കാനൊക്കില്ല പോട്ടെ ഒരു കൃഷ്ണനെ ഭജിക്കാമോ അതുപോലും പ്രയാസം മൂന്ന് കൃഷ്ണക്ഷേത്രങ്ങളുണ്ടെങ്കിൽ കൃഷ്ണനെ പ്രവൃത്തിച്ച മൂന്ന് ക്ഷേത്രങ്ങൾ തർക്കമാണ് ഏത് ക്ഷേത്രത്തിലെ കൃഷ്ണനാണ് കൂടുതൽ ശക്തി ഈ രീതിയിൽ നമ്മൾ താഴോട്ട് പോവുകയാണ് കൃഷ്ണനെ ഭജിക്കാൻ തുടങ്ങി ആ കൃഷ്ണനെ തന്നെ പിന്നെ എത്രയോ വിഭജിക്കുന്നു ഇവിടെ പേരൂക്കട ഒന്നാന്തരം ഒരു കൃഷ്ണനുണ്ട് അവർ അവിടെ നിന്നും പലരും മാസം തോറുന്നു ഗുരുവായൂർ പോകുന്നു അപ്പോൾ ഞാൻ ഒരാളിനോട് ചോദിച്ചു എന്താ പേരൂക്കട നിങ്ങളുടെ വീട്ടിനടുക്കലല്ലേ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ധാരാളം പോയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പേരൂർക്കട കൃഷ്ണസ്വാമി ക്ഷേത്രം അദ്ദേഹത്തെ ഭയച്ച ഈ അത് ഗുരുവായൂർ കൃഷ്ണൻ്റെ അത്ര പോര അത്ര പോര ഇതാണ് നമ്മളീ പറയുന്ന പലരുടെയും ചോദ്യത്തിനുള്ള ഉത്തരം കൃഷ്ണഭജനത്തിൽ പോലും പോരാ തമ്പാനൂർ ഗണപതിയും പഴവങ്ങാടി ഗണപതിയും വ്യത്യാസമാണ് എന്താ കാര്യം പഴവങ്ങാടി ഗണപതി പട്ടാളക്കാരുടെ ഗണപതി മറ്റേ തമ്പാനൂർ ഗണപതി അത്ര പോര ഈ നിലയിൽ നമ്മൾ താഴോട്ട് പോയാൽ പിന്നെ നമുക്ക് ഈശ്വരനെ എവിടെ കിട്ടാനാണ് ആർ തോൽ ഞാസുരർത്ഥം പക്ഷെ അത്രയെങ്കിലും ഭജിച്ച അത്രയും നല്ലത് എന്നാണ് അതായത് എവിടെ നിന്നും തുടങ്ങാം മുമ്പോട്ട് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അതാണ് അജാമിള കഥ കേട്ടിട്ടില്ലേ ഞാൻ പലരും കണ്ടു സാർ ആ അജാമുള മരിക്കുന്ന സമയത്ത് കൊച്ചു മോനെ അതെൻ്റെ ഇളയ മോനെ വിളിച്ചു നാരായണ മുക്തി പ്രാപിച്ചില്ലേ സാർ അപ്പോൾ പിന്നെ നമുക്കും അങ്ങനെയൊക്കെ പോകേ മതിയെ മതി അയാളെ മുക്തിയൊന്നും കിട്ടില്ല കാല പാശം പാശത്തിൽ കെട്ടി വരിഞ്ഞ് ഇങ്ങോട്ട് വെളിയിലോട്ട് പിടിക്കുകയായിരുന്നു യമഭടന്മാർ അപ്പോൾ നാരായണനെ വിളിച്ചു വിഷ്ണുദൂതന്മാർ അതിലേ പോയവർ കേട്ടു അവർ ഓടി ഈ യമപാശത്തിൽ നിന്ന് ഒന്ന് മുക്തനാക്കി അതാണ് കിട്ടിയ മുക്തി തൽക്കാലം അതെന്തായാലും അതൊരു വഴിത്തിരിവായിരുന്നു അതാണ് അങ്ങനെ ഒരു വഴിത്തിരിവ് വന്നാൽ കൊള്ളാം പിന്നെ അതാണ് ഉടൻ വളരെ കാലം തപസ് ചെയ്തു തപസ് ചെയ്തിട്ട് പോലും ഭാഗവതം പറയുന്നത് പൂർണ്ണ ജ്ഞാനിയാവാൻ പറ്റിയില്ല വിഷ്ണു പാർഷദനായി പ്രമോഷൻ കിട്ടിയിരുന്നാണ് ഓ അതൊരു വലിയ കാര്യമല്ലേ സാർ വളരെ സൂക്ഷിക്കണം പാർഷദന്മാർ താഴോട്ട് പോയിരുന്നു അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയാ പാർശ്വതന്മാർ പുരാണത്തില്ല ആരൊക്കെ ജയവിജയന്മാർ അഹങ്കാരന്യങ്ങൾ വിഷ്ണു പാർശ്വദന്മാരാണ് ഭഗവാനൊന്നും അവളെ രക്ഷിക്കാൻ കഴില്ല പാർശ്വദന്മാരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഭഗവാന് മുനിമാർ വന്നപ്പോൾ അഹങ്കാരം വിഷ്ണുവിനെ കാണാനും ഇവരും കിട്ടില്ല സനകാതി മുനിമാർ അപ്പോൾ അവർ പറഞ്ഞു എടാ ഇത്ര നെയ്യ് വിഷ്ണുവിൻ്റെ അടുത്ത് നിൽക്കുന്നവർ എൻ്റെ ഈ അഹങ്കാരൻ ആ പതിനാറാം അധ്യായം വായിച്ചുമൊക്കെ ഈശ്വരൻ്റെ പേരിൽ അഹങ്കരിച്ചാൽ പോയി അഹങ്കാരം വളർത്താനാണ് ഈശ്വര ഭജനയെങ്കിൽ യക്ഷേ ദാസ്വാമി മോദിഷ്യേ ഇത്യജ്ഞാന വിജൃംഭിത്താഹ എല്ലാം വലിയ കോലാഹലമലമയമായി ഈശ്വര പൂജ എന്നോട് ചിലർ പറയാനുണ്ടോ സാർ അവിടെ കോടിയർച്ചന നടന്നു സാറിനറിയാമോ ഞാൻ ഞാൻ പ്ലെയിനിലാണ് പൂക്കൾ കൊണ്ടുപോകുന്നത് അങ്ങ് നാർത്തിൻ്റെയുന്നു ഞാനില്ലായിരുന്നെങ്കിൽ ആയജ്ഞം ആ ജപയജ്ഞം നേരെ നടക്കില്ലായിരുന്നു അയച്ചപ്പോൾ പ്ലെയിനിലൊക്കെ കൊണ്ടുവരാൻ എനിക്കില്ലാതെ മറ്റാർക്ക് കഴിയും അധ്യോ അഭിജന വാ നശ്മി കോ അന്യോസ്തി സദൃശോമയ എനിക്കിതില് മാറുണ്ട് ഈശ്വര ഭജനൻ ഈ ഏർപ്പാട് വളർത്തുകയാണെങ്കിൽ ജയവിജയന്മാരുടെ കഥ പാർഷവന്മാർ എന്താ പറ്റിയാലും മൂന്ന് ജന്മം അസുരന്മാരായി ജനിക്കേണ്ടി വന്നു അവർക്ക് മുനിമാർ പറഞ്ഞു നിങ്ങൾ അത്രയൊന്നും അഹങ്കരിക്കേണ്ട വിഷ്ണുവിനെ ഞങ്ങൾക്കുമൊക്കെ അറിയാം ഞങ്ങളെ വിടില്ലേ വിഷ്ണുവിനെ കാണാം മൂന്ന് ജന്മം ഹിരണ്യാക്ഷൻ ഹിരണ്യകശുവ രാവണൻ കുംഭകർണൻ ഗന്ധവത്രൻ ശിശുപാലൻ ഗന്ധവത് പിന്നെ പോട്ടെ മൂന്ന് ജന്മം കൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് പാർഷദന്മാരാവാം അത്രയുള്ളൂ അതുപോലെ ഈ അജാമളൻ ആ ജന്മം മുഴുവൻ തപസിനും വിഷ്ണു പാർഷദൻ പദവി ലഭിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത് പക്ഷേ ഇതൊക്കെ ഒരു സഹായിച്ചാൽ ആ വഴിത്തിരിവ് വ്യക്തമായ ജ്ഞാനാനുഭവത്തിന് വഴിതെളിക്കുമെങ്കിൽ നിശ്ചയമായും നല്ലത് അല്ലെങ്കിൽ വീണ്ടും ഈ കറക്കം ആർത്തോലി ദാസുരർത്ഥാർത്ഥി അജാമുടൻ കാന്യകുഞ്ചത്തിലൊരു ബ്രാഹ്മണനായിരുന്നു സ്വൈരിണിയായ ഒരു ദാസുയ വിവാഹം ചെയ്ത് ഇഷ്ടം പോലെയുള്ള ദുരാചാരാ ദുര ദുർവൃത്തിയായി ജീവിതം നയിച്ചു പത്ത് പുത്രന്മാരുണ്ടായി ഇളയപുത്രൻ്റെ നാരായണൻ എന്ന് പേരിട്ടു അവ ഭരിക്കാൻ പോയപ്പോൾ ഈ ഇളയ വലിയ ഇഷ്ടമായിരുന്നു നാരായണ നാരായണ എന്ന് വിളിച്ചു അപ്പോൾ ഇയാൾ ദുർവൃത്തനായിരുന്നുണ്ട് യമ മൂന്ന് യമഭടന്മാർ വലിയ ഭീഷണ രൂപികളായി അവിടെ വന്ന് യമപാശ കാലപാശം കൊണ്ട് കെട്ടി വലിഞ്ഞ് ഇങ്ങോട്ട് വലിച്ച് അയാളുടെ ശരീരത്തെ ഇങ്ങനെ വലിച്ച് പുറത്തോട്ട് കൊണ്ടുരാൻ ഭാവിക്കുകയായിരുന്നു നാരായണനെ വിളിച്ചു അതിലേ പോയ വിഷ്ണു പാർശ്വദന്മാർ അവരും ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് ഈ അവരാ സമയത്ത് അതിലേ പോയി അത് അവർക്കൊക്കെ എവിടെ നിന്നാലും പെട്ടെന്ന് അറിയാൻ കഴിയും നാരായണ ശബ്ദം കേട്ടോടി വന്നു ഇവരോട് പറഞ്ഞാൽ കേട്ടാ നിങ്ങളാര നാരായണ ശബ്ദമുച്ചരിച്ച് അചാമെന്നെ പിടിക്കാൻ നിങ്ങളാര വിടെ അവർ ഭയപ്പെട്ടു പോയി എല്ലാം വിഷ്ണുരൂപികളാണ് പീതാംബരം ധരിച്ച് ശംഖുചക്രം ധരിച്ച് കിരീടമണിഞ്ഞ് വനമാല അണിഞ്ഞ് നിൽക്കുന്ന അവരെ കണ്ടപ്പോൾ ഭയപ്പെട്ടു യമഭടന്മാർ അവർ വിട്ടു അങ്ങനെ അജാമിളന് യമഭാഷത്തിൽ നിന്നും മോചനം കിട്ടി പിന്നെ അദ്ദേഹം കഠിനമായ തപസ് ചെയ്യുകയാണ് ഈ യമദ്രതന്മാർ നേരെ കാലൻ്റെ അടുത്ത് നിന്നു എന്താ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ പോയതാണ് പക്ഷെ അപ്പോൾ വേറെ ഒരു രണ്ട് മൂന്ന് പേർ വന്ന് ഞങ്ങളെ ഭയപ്പെടുത്തി ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി പ്രഭോ അങ്ങല്ലാതെ അപ്പോൾ ഇവിടെ ഇതിനൊക്കെ വേറെ യുവാളികളുണ്ടോ എന്തുകൊണ്ട് ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി അപ്പോൾ യം പറഞ്ഞു വേക്ക ഒരു രക്ഷയുമില്ല ആ ഭഗവാന്റെ നാമമൊക്കെ ഉച്ചരിക്കാൻ ഉച്ചരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അവിടെ സ്ഥാനമില്ല എനിക്കും നിങ്ങൾക്കൊന്നും ഒരാൾ ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ തുടങ്ങിയാൽ പിന്നെ സ്ഥാനമില്ല അതുകൊണ്ടാണ് ആചാര്യസ്വാമികളും മറ്റും പറയുന്നത് അവർക്ക് ഉടനെ മോക്ഷം കിട്ടുന്നതുമല്ല ഭഗവത്ഗീത കിഞ്ചിത് അധി അതീത ഗംഗാജലവ കണികാപീത്ത അങ്ങനെയുള്ളവരെ കുറിച്ച് ക്രിയത് യമേനെന്ന ചർച്ച അവരെ അവരെക്കുറിച്ച് പിന്നെ യമൻ ചർച്ച ചെയ്യില്ല കുറച്ച് ഭഗവത്ഗീത പഠിച്ചു അല്ലെങ്കിൽ അല്പം ഗംഗാജലം പാനം ചെയ്തു യമൻ ചർച്ച ചെയ്യില്ല അത്രയേ ഉള്ളൂ അവർക്ക് രക്ഷയിട്ടു നോക്കി അവർ പിന്നെ ഈ ജ്ഞാനത്തിലേക്കെത്തണം ജ്ഞാനത്തിലെത്തിയാൽ അല്ലാതെ പൂർണ്ണ മുക്തിയില്ല മുക്തി എന്ന് പറഞ്ഞാൽ പരലോകത്ത് പോയി കിട്ടേണ്ട കാര്യമല്ല ഇവിടെ പൂർണ്ണസുഖം ദുഃഖമോചനം എപ്പോൾ സാധ്യമാവും ഈ അദ്വൈതത്വം വാസുദേവസർവം എന്ന ത ഉറപ്പായോ ഒരു ദുഃഖവും പിന്നാൽ ഒരു ദുഃഖവും കടൂ മനുഷ്യ പറയുന്നേ നിത്യോ അനിത്യാ ചേതനശ്ചേതോ ബഹൂനം വിദധാതി കാമാൻ തമാത്മസ്ഥം യേ അനുപശ്യ ധിരാ ിശാശ്വതി നേതരേഷാം നിത്യോ അനി അനിത്യങ്ങളിൽ നിത്യം അനിത്യജടങ്ങളിൽ സർവത്ര നിത്യബോധമായി സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മം നിത്യോ അനിത്യാം വാസുദേവൻ നിത്യോ അനിത്യാകോ ബഹൂനം വിദധാതി കാമാൻ ചേതന ആ അചേതനങ്ങളിൽ ചേതനൻ ഒരാൾ സകലരുടെ ഇഷ്ടങ്ങളും സാധിക്കുന്നു ഏതീശ്വരനെ ഭജിക്കുന്നവൻ്റെയും ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നു അവൻ്റെ ഇഷ്ടം അങ്ങനെയുള്ള തമാത്മസ്വം നമം അവരവൻ്റെ ഉള്ളിലിരിക്കുന്നു ആ ബോധതത്വം തമാത്മസ്ത്വം ഏ അനുപശ്യന്തി ധീരാഹ ഏത് ധീരന്മാരാണോ ആ ആത്മതത്വം കണ്ടെത്തുന്നത് തേഷാം ശാന്തി ശാശ്വതി അവർക്ക് മാത്രമാണ് ശാശ്വതമായ ശാന്തി ഇതാണ് മോക്ഷം അത് ഇവിടെ വെച്ച് നേടേ ഉള്ളതാണ് ഇവിടെ നിന്ന് പോയിട്ടൊന്നും അത് നേടാൻ ഇല്ല അപ്പോൾ നമ്മൾ ഓരോരുത്തരിലും ഉണ്ട് ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ഈ കഠോപന്വേഷത്ത് തന്നെ പറയുന്നതാണ് അസ്ഥീതി ധ്രുവതോ അസ്യ കഥ അന്യത്രോപലഭ്യത്തെ ഓരോരുത്തരിലും ഉണ്ടായിട്ട് ഭജനം തുടങ്ങിയാലും വേണ്ടില്ല അർത്ഥാർത്ഥിയായി സമ്പത്തുണ്ടാവണം സമ്പത്ത് നേടുകയോ പക്ഷെ സമ്പത്തൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പലരും ഭഗവാനെ മറക്കുന്നു ധർമ്മപുത്ര പോലും മറന്നു എന്നാണ് ഭാഗവതം പറയുന്നത് യുദ്ധമൊക്കെ കഴിഞ്ഞു രാജ്യം ഭരിക്കില്ല ബന്ധുക്കളുടെ രക്തം പുറണ്ട രാജ്യം എനിക്കാവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഉരുമ്പളു ധർമ്മപുത്രം ശോക മോഹവശം ആ ധർമ്മപുത്ര ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടൊന്നും അദ്ദേഹം ഭഗവാനിച്ചില്ല കൃഷ്ണനും വ്യാസനുമൊക്കെ പറഞ്ഞു നോക്കി കേൾക്കാത്തത് കൊണ്ട് പിന്നതോടൊരു ധർമ്മപുത്രരുടെ ശരശയനത്തിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുക്കൽ വിളിച്ചുകൊണ്ട് പോവുകയാണോ ോക്കണേ ഈ ഈശ്വരഭജനം ഒന്നും വേണ്ടവണ്ണം അറിയാത്തത് കൊണ്ട് വന്നു ചേരുന്ന കെടുതികൾ ഭീഷ്മർ അവിടെ വെച്ച് ഉപദേശിച്ചു കേടുക ഇതൊന്നും നിങ്ങളുടെ കയ്യിലല്ല ഒക്കെ ഭഗവാന്റെ ഒരു കളി അദ്ദേഹം നഹ്യസ്ഥ കർഹിച്ച് ഉമാൻ വേദവിധിത്തം ഇദ്ദേഹം എന്തൊക്കെയായി കാണിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയുമില്ല അതുള്ളത് അപ്പം മരിച്ചുപേ ഗുരു മരിച്ചുപേ ഞാൻ രാജ്യം സ്വീകരിക്കും അങ്ങനെയൊന്നും വേണ്ട അതുള്ളത് ഒരു പ്രയോജനമില്ല തൽക്കാലം രാജ്യം ഇയാളെ കയ്യിൽ കിട്ടിയിരിക്കുകയല്ലേ ഭരിക്കൂ ഞാൻ ഭരിച്ചില്ലെങ്കിൽ രാജ്യമൊക്കെ അനാഥമായി പോകും സത്യം ഉറപ്പുവന്നിട്ടില്ലല്ലോ ഉറപ്പ് വന്നെങ്കിൽ പിന്നെ ഇതൊന്നും പ്രശ്നമല്ല അവിടെ സത്യം ഉറപ്പുവരാത്തത് കൊണ്ട് പോയി രാജ്യം ഭരിക്കൂ എന്ന് പറഞ്ഞ് ഭീഷ്മർ പറഞ്ഞ് വെച്ച് രാജ്യം കിട്ടി കുറച്ച് നാൾ ഭരിച്ചു അപ്പോൾ ഭാഗവതം പറയുന്നത് യുധിഷ്ഠിരോ ലബ്ധരാജ്യമോ യുധിഷ്ഠിരന് രാജ്യം കിട്ടി ദൃഷ്ട പൗത്രം കുലന്ധരൻ ഒരു കൊച്ചുമാൻ അഭിമന്യു പരീക്ഷിത്ത് ജനിച്ചിട്ടുണ്ട് അഭിമന്യു മകനായി കൊച്ചുമാ അങ്ങനെ പവിത്രം കുലധരം ഭ്രാതൃഭരു ലോകപാലാ ഭേ ലോകപാലതുല്യന്മാരായ സഹോദരന്മാർ ഭീഷ്മർ നേരത്തെ ഒരു എന്തായിരുന്നു എന്ന് ഓർക്കണം ഭീഷ്മർ പറഞ്ഞയച്ചു ഒന്ന് രാജ്യം ഭരിച്ചു ഇതൊക്കെ കിട്ടി ലോകപാലന്മാർ മുതേ പരയാ ശ്രീയാ ഭഗവാനെ മറന്ന് കൃഷ്ണൻ ദ്വാരകയിൽ പോയി ദ്വാരക പറഞ്ഞയച്ചു ഭഗവാനെ മറന്നുപോയി എന്നാണ് കുറച്ച് ദിവസത്തേക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ ധർമ്മർക്ക് പോലുമൊക്കെ ആ ഐശ്വര്യ മതം വന്നപ്പോൾ അർത്ഥാർത്ഥി അർത്ഥാർത്ഥിയാണ് അർത്ഥം കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ചൊരു മറവി പലർക്കും അത് സംഭവിക്കുന്നു അർത്ഥം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഭഗവാന് അങ്ങ് മറന്നു പിന്നെയും വല്ല ബുദ്ധിമുട്ടും ഒക്കെ വന്ന് ചേരുകയാണെങ്കിൽ ഇവിടെ ഇതാണ് ധർമ്മപുത്രർക്ക് കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി പല ദുരിത കാലം അതിവേഗം കടന്നുപോകില്ലേ അപ്പം ദുർനിമിത്തം കണ്ടു തുടങ്ങി അപ്പോഴാണ് അർജുനേടാ അർജുന അയ്യോ നമ്മള കൃഷ്ണനെ മറന്നുപോയല്ലോ കഷ്ടമായി പോയി വേഗം പോയാന്വേഷിക്കുക ദ്വാരകയിലെ എന്താ സ്ഥിതി ദ്വാരക അർജുനൻ ചെന്നപ്പോഴോ ദ്വാരക വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു മുങ്ങിക്കൊണ്ടിരിക്കുന്നു യതുക്കൾ മുഴുവൻ ഏരകപ്പുല്ല മരിച്ചു വീണു കൃഷ്ണൻ്റെ മക്കൾ സഹിതം ഇത്രയൊക്കെ ഉള്ളു ജീവിതം കൃഷ്ണന്റെ ലക്ഷക്കണക്കിനുള്ള മക്കൾ ഏരകപ്പുല് അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കഥയൊക്കെ ശരിയാണോ സർ ആ കഥയൊക്കെയാണ് ഇന്ന് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏരക പുല്ലിന് പകരം ഏരകപ്പുല്ല് തന്നെ എൻ്റെ പേരാണ് മിസൈൽ മിസൈൽ പലതരം അന്നത് ഏരക പുല്ല് അത്രയുള്ളു ഇതൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ നമുക്കെന്ത് വേണം ഈ സത്യമുറപ്പിക്കാൻ പറ്റുമോ സത്യമുറപ്പിച്ചാൽ ഇവിടെ ഏരകപ്പുല്ല് അതാണ് കൃഷ്ണൻ വ്യാസൻ പറയുന്നു ഇവരെങ്ങനെ ഏറെ പുല്ല ഇത് ഓരോന്നാരോ ഒന്നായിട്ട് വീണപ്പോൾ കൃഷ്ണൻ പത്തടി അകലെ മാറി നിന്ന് ആ ഭാരം കുറയുന്നു സന്തോഷിച്ചു എന്നാണ് എന്ന ഇവിടെ ഒന്നുമില്ല ഒരു നേരം പോക്ക് മക്കളുടെ വേഷം കെട്ടിയതും താൻ തന്നെ ഈ കളിയെല്ലാം നടത്തുന്നത് താൻ തന്നെ എന്ന് കൃഷ്ണന് നല്ല ഉറപ്പ് ജന്മന ബ്രഹ്മനിഷ്ഠൻ അതാ ജന്മനാണ് ബ്രഹ്മനിഷ്ഠനാണ് കൃഷ്ണൻ അതുകൊണ്ടാണ് കൃഷ്ണൻ പൂർണാവതാരമായത് ബാക്കി കളിച്ചതെല്ലാം വെറും കളി ഇതാര് പറയുന്നു ഇതൊക്കെ സുഖം തന്നെ പരീക്ഷത്തിനുള്ള ഒടുവിൽ പറയുന്ന കാര്യങ്ങളാണ് എന്തായാലും നമ്മളിവിടെ പറഞ്ഞു എന്നത് അർത്ഥാർത്ഥി അതില് സമ്പത്ത് വേണമെന്ന് പറഞ്ഞ് ഭഗവാനെ ഭജിക്കുന്നു സമ്പത്ത് കിട്ടിക്കഴിയുമ്പോൾ പലരും ഭഗവാനെ മറക്കുന്നു വീണ്ടും സമ്പത്തിന കേടുവരുമ്പോൾ അത് വീണ്ടും ഭഗവാനാ ഇതാ ഇതൊക്കെയാണ് ഒരു തരം ഭഗവത് ഭജനം അതും നല്ലത് തന്നെ ഏതെങ്കിലും ഒരു ഒരു വഴിത്തിരിവിൽ ആ പരമസത്യം അന്വേഷിക്കാനുള്ള പ്രചോദനവും കരുത്തും കിട്ടിയെന്ന് വരാം വെറും ഭൗതികവാദികൾക്ക് ചിലപ്പോൾ അതുപോലും കിട്ടാതെ വരും അതുകൊണ്ടാണ് ഉദാരാസർവയവ ഇതേ അർജുന ഇവരൊക്കെ നല്ലവര് തന്നെ ഉദാരാ സർവേവീതേ ഞാൻ ഈ ത്വാത്മൈവമേ മതം പതിനെട്ടാമത്തെ ശ്ലോകമാണ് ഇവരെല്ലാവരും നല്ലവർ നാരായണനാമം ജപിച്ച അജാമിളൻ രക്ഷപ്പെട്ടു ഒരു വഴിത്തെരിവായി എന്താ ഇളയ പുത്രന്റെ പേര് നാരായണെന്ന് വിളിച്ചത് കൊണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ഒരു ഒരു വഴിത്തെരിവ് വന്ന് ചേരണം അല്ലെങ്കിൽ ഭഗവാനെപ്പോലും കുറ്റം പറയും നമ്മൾ ഒരു രൂപത്തിൽ ഭഗവാനെ ഭയിച്ചു നമ്മൾ കൂടെ കൂടെ കേൾക്കാറില്ലേ ശബരിമല വരെ ഇപ്പം ശബരിമല സീസണാണ് ശബരിമല പോകുന്നൊരു ഗുരുസ്വാമി പത്ത് നാൽപ്പത് കൊല്ലം പോയി വാസ്തവത്തിൽ ശബരിമല തീർത്ഥാടനം അദ്വൈത സത്യം ഉറപ്പിക്കാൻ ഏതോ ഗംഭീരനായ ഒരു ഋഷി ഉണ്ടാക്കിയ ഒരേർപ്പാട് പക്ഷേ അതൊക്കെ ഇന്ന് പോയി അതെന്തുവാട്ടെ നാൽപ്പത് കൊല്ലം ശബരിമല പോയി ഗുരുസ്വാമിയായി ശിഷ്യന്മാരെയും ഒന്നേ നേടി ഒടുവിൽ അദ്ദേഹത്തിന് വാദം പിടിവിട്ടു കളർ വാദം പോവാൻ നിവർത്തിയില്ല എന്നിട്ടെന്താ ശബരിമല ശാസ്താവെന്നെ ചതിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചെല്ലുന്നവരോടും ശാസ്താവെന്നെ ചതിച്ചു എന്താ കാര്യം ഞാൻ നാൽപ്പത് കൊല്ലം അന്വേഷിച്ച് പോയില്ലേ ഇത് കേട്ടാ തോന്നും ശാസ്താവിനെന്തോന്നോ ഒരു ഗുണം ചെയ്യാനായിട്ട് ഇദ്ദേഹം മനുഷ്യാബരിമല നാൽപ്പത് കൊല്ലം പോയിരിക്കണം എന്നിട്ട് തന്നെ എന്നെ ചതിച്ചു അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ കിടത്താൻ പറ്റും കിടത്തിയത് ശരിയാണോ ഇതാണ് നമ്മുടെ ഈശ്വരഭജ തത്വം അറിയാത്തത് കൊണ്ട് ഉള്ള ഈശ്വരഭജനത്തിൻ്റെ പോക്ക് അതാണ് ഇവിടെ ആരോ ഒക്കെ ഏതോ സിദ്ധന്മാരും ഒക്കെ ഭജിക്കുന്നവർ ചില കഷ്ടപ്പാടുകളൊക്കെ വന്നപ്പോൾ പൂജാമുറി എന്നുള്ള പഴങ്ങളൊക്കെ എടുത്ത് തെരു തെര് തെരുവിലെറിച്ചും താണ് ഈ ഇത്തന നമ്മളിനി ഭജിച്ചിട്ട് എന്ത് വേണം എൻ്റെ മോനെ രക്ഷിക്കാൻ കഴിവില്ല അല്ലെങ്കിൽ എനിക്ക് ഈ ആവത്ത് വരെ അത് സൂക്ഷിക്കാൻ കഴിവില്ല ഇതാണ് അർത്ഥാർത്ഥികൾ ഭജനത്തിൻ്റെ രഹസ്യമെപ്പ് വേറെക്കുറെ ഇനി നാളത്തെ ശ്ലോകങ്ങളുമൊക്കെ ഇതിനേക്കാൾ ഗംഭീരവുമായിട്ട് ഈ ഇത്തരം കാര്യങ്ങൾ തന്നെ വിവരിക്കുന്നവയാണ് ഇതിനെല്ലാറ്റിനും ഉപരി അതാ ആ പ്രഹ്ലാദന്റെ ഭജനം നോക്കൂ പ്രഹ്ലാദൻ ജനനാൽ ബ്രഹ്മനിഷ്ഠൻ ജ്ഞാനിയും ഭജിക്കും ഭഗവാനെ പൂർണ്ണമായ ഒരു അറിവ് വന്നയാളെവിടെയും ഭഗവാനെ കണ്ട് ഭജിക്കും ഉദാരാ സർവേവതീ ത്മൈവമേ മതം അർജുന ഞാനി ഞാൻ തന്നെടോ ഇതിനേക്കാൾ ഭഗവാൻ എന്തു പറയണം ഞാനി എന്നെ ഭജിക്കുന്നുണ്ടാ ഞാനി അരാ ഞാൻ തന്നെ ഞാനീതു ആത്മൈവ മേ മേ ആത്മൈവ ഞാനിതൊക്കെ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് വെറുതെ കണ്ണുമടച്ചുകൊണ്ട് നമുക്ക് കർമ്മമതി ഭക്തിമതി ഞാനും നമുക്കാവശ്യമില്ല നമുക്ക് പറ്റില്ല ആർക്കും പറ്റാത്ത ഒന്നും കൃഷ്ണൻ പറയില്ല അല്പം ഒരു ശ്രദ്ധ എനിക്കിതുവേ മോഹിച്ചു പോകരുത് ഈ നാനാത്വത്തിൽ മോഹിച്ച് ഭഗവാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ മായയാ അപഹൃതജ്ഞാനാഹ ജ്ഞാനം നഷ്ടപ്പെട്ടു പോകുന്നു പലതു കാണിക്കുന്ന മായയിൽ മോഹിച്ച് മായയാ അപഹൃതജ്ഞാനാഹ ആസു ആസുരം ഭാവമ ശ്രീതാഹ നമാം ദുഷ്കൃതിനോ നമ്മൾ കഴിഞ്ഞ മാസം എടുത്ത് പതിവാ നമാം ദുഷ്കൃതിനോ മൂഢാവ ഭഗവാൻ ദേഷ്യം എന്ന് പറയുന്ന വാക്കാണേ ഈ മൂഢാഹെന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ ദേഷ്യമെന്ന് പറയുന്ന വാക്കാണ് ഇതിനപ്പുറത്തൊരു വാക്ക് അദ്ദേഹത്തിന് പറയാനില്ല നമ ദുഷ്കൃതിനോമൂഢപ്രപദ്ന്റെ അപഹൃതജ്ഞനാഹ മായാപരജ്ഞാനത്തെ അപഹരിച്ചു കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് പ്രഹ്ലാദൻ പ്രഹ്ലാദൻ അച്ഛൻ വളരെ ശ്രമിച്ചു നോക്കി കുട്ടിക്കാലം മുതലുള്ളതെൻ്റെ ആത്മനിഷ്ഠയെ അങ്ങോട്ട് മാറ്റാൻ ഇല്ല അച്ഛനല്ല ആര് ശ്രമിച്ചാലും മാറ്റുന്ന മാറ്റാൻ പറ്റുന്നതല്ല വ്യക്തമായ ുഭവം പലരും ചെയ്തു നോക്കി ഒടുവിൽ ആ കഥയൊക്കെ നിനക്കറിയാമെന്നു നിന്റെ ഈശ്വരനെ ഇവിടെ ഉള്ള എല്ലായിടത്തും തൂണിലും ചുരുമ്പിലും തൂണ് വെട്ടിപ്പുളർന്ന് നരസിംഹം വന്നു നരസിംഹം ഹിരണ്യേശുവിനെ വധിച്ചു ആ നരസിംഹത്തെ ശാന്തമാക്കാൻ ചുറ്റും നിന്ന ദേവന്മാർക്ക് പോലും സാധിച്ചില്ല ഒടുവിൽ ബ്രഹ്മാവുമൊക്കെ കൂടി ഈ കൊച്ചു കൂട്ടിയെ പ്രഹ്ലാദനെ പറഞ്ഞ ഏഷ്യുവാണ് ടെ നീ പോയി അദ്ദേഹത്തെ ഒന്ന് സമാധാനിപ്പിക്ക് അദ്ദേഹം ആകെ ഇളകി നിൽക്കുന്നു പ്രഹ്ലാദനടുത്തോട്ടിന്നു എല്ലാം ശാന്തമായി നരസിംഹവും ശാന്തമായി അതാണ് ബ്രഹ്മനിഷ്ഠ ഉറപ്പ് വന്ന ഒരു കുട്ടിയുടെ പോലും മഹത്വം അവിടുന്ന് നരസിംഹൻ ചോദിച്ചു പ്രഹ്ലാദ ഞാൻ നിന്നിൽ വളരെ പ്രസന്നനായിരിക്കുന്നു നിനക്കിനിയിപ്പോൾ എന്താ വേണ്ടത് എന്ത് വേണോ ചോദിച്ചോളൂ അപ്പോ പ്രഹ്ലാദൻ ഉത്തരം പറയുന്നു ഭഗവാനെ ദൃഷ്ടാമയാദിവിഭോ അഖിലധിഷ്ണ്യപാനാമായുശ്രീയോ വിഭവ ഇച്ഛ ചെയ്യാൻ ജനൂയം ഭഗവാനെ ഞാനെല്ലാം കണ്ടതെന്നാണ് എല്ലാം ഈ ഭൗതികമായ സംഗം സമ്പത്തിൻ്റെ വിലയൊക്കെ ഞാൻ പൂർണമായും കണ്ടു എന്തുകൊണ്ടാ െനിക്ക് സുപരിചിതമാണ് എന്നാ എന്റെ അച്ഛന്റെ കാൽക്കല്ല എല്ലാം അങ്ങ് വീടുകളുണ്ട് അതിഗംഭീരമായ ഒരു പദപ്രയമാണ് പ്രഭോ നരസിംഹത്തോട് പറയണം എന്റെ അച്ഛൻ പുരികെക്കൊടി ഒന്നു ചുളിച്ചാൽ എന്റെ അച്ഛൻ ആരാ ഹിരണ്യേശു പുരികുടി ഒന്ന് ചുളിച്ചാൽ സ്വർഗത്തിലെ കൽപ്പവൃക്ഷം കാമധേനോ എല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വന്ന കിടം നിങ്ങനെ ഊരുള്ളുന്നു അദ്ദേഹം കോപിച്ചൊന്ന് അപഹസിച്ച് കുിത്തഹാസ വിതൃംഭിത ഭ്രൂവിസ്ഫുർജിതേന അങ്ങനെയുള്ള ആ പുരികുടി ഒന്ന് ചുളിച്ചാലും മതി ഈ കൽപ്പവൃക്ഷവും അവിടെയുള്ള കൽപ്പവൃക്ഷവും ഒക്കെ കൂടെ വന്ന അദ്ദേഹത്തിൻ്റെ കാലിൽ കിടന്നിങ്ങനെ ഉരുളും പ്രഭോവും അത്ര ഗംഭീരനായിരുന്നു എൻ്റെ അച്ഛൻ ആ അത്രയ്ക്കൊക്കെ ഉള്ളു അങ്ങനെ പ്രലോഭിപ്പിക്കുന്ന ഈ ദേ ദേവസുഖങ്ങൾ സ്വർഗസുഖങ്ങളൊക്കെ അത്രയ്ക്കൊക്കെ ഉള്ളു നമ്മൾ ഇന്ന് കാണുന്നില്ലേ കാണുന്നില്ലേ ലോകത്ത് സകല സമ്പത്തിൻ്റെയും ഇരിപ്പിടമല്ലേ അമേരിക്ക അമേരിക്കൻ പ്രസിഡൻറ്റിനെ പോലും മറ്റെല്ലാ രാജ്യക്കാരുടെയും സുഖങ്ങൾ അവിടെ പോയി ഇങ്ങനെ ഉരുണ്ടു കളിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് വല്ല സ്വസ്ഥതയുണ്ടോ എന്നൊക്കെയുള്ള പത്രങ്ങൾ എടുത്ത് നോക്കുക ഓരോ ഓരോ സ്വസ്ഥതകളില്ല അതാണ് ഈ ഇതിൻ്റെ ഏർപ്പാടും അങ്ങനെ എൻ്റെ അച്ഛൻ ഒന്ന് പെരികക്കൊടി ചുടിച്ചാൽ ദേവസുഖം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വന്ന് ഇങ്ങനെ ചുരുളും അങ്ങനെയുള്ള എൻ്റെ അച്ഛൻ സതു നിരസ്ഥ ഒരു നിമിഷം കൊണ്ട് അങ്ങിങ്ങോട്ട് വന്നു ആ അച്ഛൻ എന്തൊക്കെയാണ് ശ്രമിച്ചിരുന്നത് ഒരിക്കലും മരിക്കാതിരിക്കണം എന്ന് വിചാരിച്ച് എല്ലാ വരങ്ങളും ചോദിച്ചിരുന്നു ബ്രഹ്മാവിനോട് എന്നെ മനുഷ്യൻ കൊല്ലരുത് മൃഗൻ കൊല്ലരുത് വെളിയിൽ വെച്ച് കൊള്ളരുത് അകത്ത് ഇതൊക്കെ ചോദിച്ച് അപ്പം നമുക്ക് ചോദിക്കാൻ ഞാൻ മരിക്കരുത് എന്ന വരം എന്താ ചോദിക്കാതെ ചോദിച്ചു ചോദിച്ചു നോക്കി ആ ബ്രഹ്മാവ് പറഞ്ഞുകഴിഞ്ഞാൽ അത് മാത്രം പറ്റില്ല വേറെ എന്ത് വർമ്മനോ ചോദിച്ചോ തന്നേക്കാം മരിക്കരുത് എന്നുള്ള വരെ മാത്രം ഇവിടെ പറ്റുന്ന കാര്യമല്ല എന്നാൽ ഇങ്ങനെ മരിക്കരുത് അങ്ങനെ മരിക്കരുത് മനുഷ്യനും എല്ലാം ചോദിച്ചു അങ്ങനെയുള്ള എൻ്റെ അച്ഛൻ ഒരു നിമിഷം കൊണ്ട് അങ്ങയുടെ നഖങ്ങൾ കൊണ്ട് ഇങ്ങനെ കീറി ഇതാണ് നമ്മൾ ഇവിടെ അങ്ങനെ നരസിംഹമൊന്നും വരുന്നില്ലല്ലോ സ പത്രങ്ങളൊക്കെ വായിച്ചു നോക്കുക നരസിംഹം എന്നൊക്കെ പറയുന്നു ആ ജഗതീശ്വരൻ ഏതെങ്കിലും രൂപത്തിൽ ഒരാൾക്കും അദ്ദേഹത്തെ കടന്നു നിൽക്കാനൊക്കില്ല മഹത്ഭയം വജ്ര ഉദ്യത്വം എന്നാണ് ഉപനിഷത്ത് പറയുന്നത് സത് നാത്തിയ കശ്ചന ഈ ലോകത്തൊരു ശക്തിക്കും ആ ജഗതീശ്വര നിയമത്തെ മാറ്റി നിർത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല ഹൃണ്യകശിയും മറ്റും അതിന് ശ്രമിച്ചവരാണ് അലയോ ഭഗവൻ അങ്ങനെയുള്ള എൻ്റെ പിതാവ് ഒരു നിമിഷം കൊണ്ട് അങ്ങയാൾ തിരസ്കരിക്കപ്പെട്ടു എനിക്ക് ആ സുഖങ്ങളൊന്നും വേണ്ട ഒന്നും എനിക്കേറ്റവും നല്ലത് എന്താണെന്ന് അങ്ങ് നിശ്ചയിക്കൂ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല വരം എനിക്കേറ്റവും നല്ലത് എന്താണെന്ന് അങ്ങ് നിശ്ചയിക്കൂ ഇപ്പോൾ വാസ ഇഷ്ടം പറയുന്നത് നരസിംഹ കേട്ടിട്ട് വരം കൊടുത്തു എന്നാണ് എന്താ വരം കൊടുത്തത് സർവസംഭ്രമ സംശാന്തി പരമമായ ഫലയച്ച ബ്രഹ്മവിശ്രാന്തി പര്യന്തോ ഹലോ പ്രഹ്ലാദ സർവവിഭ്രമ സംശാന്തി എല്ലാ വിഭ്രമങ്ങളും തീരും പരമായ ഫലായച്ച അന്തിമമായ ജീവിതഫലം നിർവ്വാണം ഇവിടെ വെച്ച് നമ്മൾ നിനക്ക് കിട്ടും വേറെടുത്ത് പോയിട്ടില്ല അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണം പരമായ ഫലായച്ച ബ്രഹ്മവിശ്രാന്തി നിന്റെ ബുദ്ധി അഖണ്ഡബോധരൂപമായ ആ അദ്വയം ബ്രഹ്മത്തിൽ ചെന്ന് വിശ്രമിക്കത്തക്കവണ്ണമുള്ള വിചാരവസ്തു തവാനഖ ആ വിചാരം നിനക്ക് സംഭവിക്കുമാറാകട്ടെ എന്ന് വരം കൊടുത്തുന്ന ഇതാണ് പരമലക്ഷ്യം ഇതാണ് കൃഷ്ണൻ പറയുന്ന വാസുദേ സർവമിതി സമഹാത്മാസുലഭ ആ മഹാത്മാവിന് ഏത് വേണ്ടു വാസുദേവ സർവ ഇതിനെന്താ നമുക്ക് ശ്രമിച്ചുകൂടെ കാണുന്നതൊക്കെ ഈശ്വരൻ അമീവയെ കണ്ടാലും ശരി കടുവയെ കണ്ടാലും ശരി നല്ലവനെ കണ്ടാലും ശരി ചീത്തയെ കണ്ടാലും ശരി മനസ്സുകൊണ്ട് മറ്റൊരു നാടകം നമ്മൾ വ്യവഹരിക്കുന്നു മനസ്സുകൊണ്ട് അവരിലൊക്കെ ഈശ്വരഭാവം ബ്രഹ്മഭാവം രഹസ്യമായി അത്യന്തം രഹസ്യം എന്നൊക്കെയാണ് ഗീത ആവർത്തിച്ചു പറയുന്നത് അതിൻ്റെ കാര്യം എന്താ നമ്മൾ ആരോടും പറയുന്നില്ല അത്യാവശ്യമുള്ളവരോടും അല്ലാതെ പറയുന്നില്ല ഇത് സാധിക്കുമോ ശ്രമിച്ചാൽ ആർക്കും സാധിക്കും എന്താ നമ്മളിപ്പോൾ അങ്ങോട്ടിറങ്ങി ഇതൊക്കെ കേട്ടില്ലേ ശാസ്ത്രീയമായി ഉറച്ചില്ലേ ഇവിടെ ബോധരൂപമായ ഒരു സത്യമേ ഉള്ളൂ അല്ലെന്നാർക്ക് സമർത്ഥിക്കാൻ കഴിയും അത് തീരുമാനമായെങ്കിലും ഈ വാസുദേവ സർവമി എന്ന് ഭഗവാൻ പറയുന്ന ആ ജ്ഞാനം കുറേശ്ശയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകും കുറേശ്ശയെങ്കിലും ഇങ്ങനെ ഓർമ്മിച്ച് അടുക്കളയിലായാലും യുദ്ധരംഗത്തായാലും യുദ്ധരംഗത്ത് പോലും അത് സാധിക്കും എന്നാണ് കൃഷ്ണൻ ഗീതയിൽ ഉപദേശിക്കുന്നത് അത് കുറേശീലിച്ച് മനസ്സിന് സമങ്ങല്ല കൈവരിക്കാനുള്ള പ്രയത്നം അതും ഇതും പറഞ്ഞ് മാറ്റി വയ്ക്കാതെ ഓ ജ്ഞാനം എനിക്ക് വേണ്ടതാണ് ഇതാണ് എനിക്കത്രയൊന്നും കഴിവില്ല എനിക്ക് നാമം ജപിക്കാനേ കഴിയൂ ആ മനുഷ്യനായി ജനിച്ചില്ലേ അങ്ങനെയൊന്നും പറഞ്ഞ് തള്ളിക്കളരുത് നാമം ജപിച്ചോണ്ട് ഇതും കൂടെ നാമം ജപിക്കേണ്ട എന്ന് ആരും പറഞ്ഞില്ലല്ലോ അതാ അതാണിടന് വേറും ഒരു നാമമല്ലേ ജപിച്ചുള്ളൂ അതുപോലും നല്ലതെന്നല്ലേ കൃഷ്ണൻ പറയുന്നത് ഇവരെല്ലാവരും നല്ലവർ പക്ഷേ ഞാനീ ത്വാത്മൈവമേ മതം എന്നൊക്കെ ആവർത്തിച്ച് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളപ്പോൾ മുളന്തൻ സമാധാനങ്ങളൊക്കെ പറഞ്ഞ് മാറ്റിവെക്കാതെ സാരളന്നും നാലഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് താമസിച്ചാണ് വന്നത് അതുകൊണ്ട് മൂന്ന് മിനിറ്റ് കൂടുതൽ ചർച്ച നീട്ടി ഒന്നും പേടിക്കണ്ട ആ കുസൃതിക്കൂട്ടൻ ഉണ്ണിക്കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് തീരുമാനിക്കുക ഞാൻ സർവം കൃഷ്ണമയമായി വാസുദേവമയമായി ഭാവന ചെയ്യും എന്തും വരട്ടെ ജീവിതത്തിൽ മറ്റൊക്കെ ഇപ്പം ചെയ്യുന്നതൊക്കെ ചെയ്തുകൊടാം പോകാം പക്ഷേ അവിടെയുമൊക്കെ സർവം വിഷ്ണുപയം അഥവാ വാസുദേവമയം ഈ ഭാവന കുറേശെ അഭ്യസിച്ച് ദൃഢപ്പെടുത്താനുള്ള കരുത്ത് ആ കുസതി കൊടുക്ക നമുക്ക് തന്ന് അനുഗ്രഹിക്കുവാറാകട്ടെ നമസ്കാരം